നെപ്സിന്റെ കൈതുകൾ തോട്ട് കഴിച്ചിലായി കിട്ടണം നെഫ്സ് എങ്ങോട്ടാ വിളിക്കുന്നത് അത് പറയുമ്പോ അതിന് അങ്ങനെ ആ അടിമത്തുണ്ടല്ലോ ഈ അടിമത്തൊത്തിൽ നിന്ന് കഴിച്ചിലായി കിട്ടണം അതാണ് നെഫ്സിന് എത്തോട്ട് സുഹൃത്തുന്ന് പറഞ്ഞാൽ നെഫ്സ് പറയുമ്പോഴെ കേൾക്കാത്ത അവസ്ഥ ഇവൻ നെപ്സിനെ കഴിക്കാന്നല്ലാതെ നെപ്സിനെ കഴിക്കാൻ പാടില്ല ഇച്ചിലാ പോണം പിന്നെ വൽ റായി അതിനൊത്തൊത്ത് ഇവണം നെപ്സെന്നുള്ളത് പരിഗണിക്കാത്ത ചുറ്റുപാട് വരിക بصوته بصوته بصوته فِي جَفَّالَ السِّرُ اللَّهُ سُّهُدُونُ وَرَجِلِهِ هذا ماذا؟ هذا ماذا؟ وَإِسْلَامِهَ إِسْلَامًا كُلِّيَّةً كُلِّيَّةً تَسْلِيمًا الله أكبر ماذا يبادر فينا لهم؟ هذا ماذا يقول لهم؟ ماذا يقول لهم؟ حتى يكون قَلْ مَيِّتِ مُبَيْنَ إِذَي الْغَاسِلِ خُرِبِكَنْ لِنْ جَيِّدِ مَيِّتِ إِذْوَالِيَانُ عَدُب രണ്ടാമത്തെ സുഹരേതാ സുഹൃദുഖിൽ അത് അവനിൽ ബതിൽ വല്ല ഹാസിൽ ഹാസിലായ സാധനം എന്താക്കണം കൊടുക്ക ബതിൽ ഈ സാർ എന്ന സ്വന്തം ആവശ്യം വെച്ചുകൊണ്ടും വേറെ ആവശ്യത്തിന് മുകളിലൊക്കാണ് ഈ സാർ ബദലും ഈ സാറും കടുപ്പം കൂടും ഈ സാറിൽ ബതിലെന്നേച്ചമാക്കി കൊടുത്താലും മതി ധാരും ഈസാർ എന്ന് പറയുമ്പോ നമ്മളെ ആവശ്യം നിർത്തിയിട്ട് പോട്ടെ ഞാൻ ഞാൻ വയ്യായിക്കോളെ എതിർത്തോന്നുണ്ടെങ്കിൽ അതാണ് ഏതിലുണ്ടായാലും ഈസാറിലുണ്ടായാലും അത് ഏതിനെ സംബന്ധിച്ച് നമ്മൾ കൈമൾ വന്നു ചേർന്ന കാര്യത്തിൽ വരാൻ പോകുന്ന അത്യാഗ്രഹം പാടില്ല അതാ പറഞ്ഞാ വാതിലാസിൽ കൈമ് കിട്ടാത്ത ഒന്നും ഉണ്ടാവുമല്ലോ അത് ഞങ്ങൾക്ക് തട്ടമൊപ്പം പാടില്ല ജിൻസിനുള്ള സുഹൃത്തിന്ന് പറഞ്ഞല്ലോ മൂന്നാമത്തെ അല്ലേ അതെന്താ ജിൻസ് എന്ന് പറഞ്ഞാൽ ഇൻഗാർ ലിമൻഫോ ഇവയ്ക്ക് നേരത്തെ കൊറേ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ആടെ ഇങ്കാർ വരിക അതും വേണ്ടാതെല്ലാം പരിചയം കുറച്ചു വെക്കുക അറിയാത്ത ആളെ കുറച്ചേക്കല്ല അതും ഇനി പുതുതായി പരിചയപ്പെടില്ലാത്ത ആളുണ്ടല്ലോ പുതുതായി പരിചയത്തിന് തീം വേണ്ട അറിഞ്ഞോട്ടോളം ആള് മതി കഴിഞ്ഞോടത്തോളം വേണ്ടാത്തല്ലോട്ട് കഴിച്ചു വിടുക അതല്ല അതാണ് പറസിൽ ജിൻസിനുള്ള സുഹൃത്ത് പറഞ്ഞ സാധനം പുതിയ ആളുമായി മെരിച്ചപ്പെട്ടുകൊണ്ടും രോഗി എറണി പിടിപ്പിച്ചുകൊണ്ടും ഇതിന് ആവശ്യമുണ്ടോ ആ നല്ല ഏഴാന്ന് ചോദിക്കലെന്തിനാണെന്ന് ചോദിക്കില്ല ഒന്നുമില്ല ഈ പറയപ്പെട്ട മൂന്നെണ്ണം അവൻ ഹാറ്റലായിക്കഴിഞ്ഞാൽ ഇസാദക്ക് മുത്തഹിക്കാണെന്നും മൊത്തത്തിൽ ഇറാദത്തിന്റെ വെറ്റിയാളാന്നും തിരിഞ്ഞൂന്നും ചേച്ചനയിട്ടില്ല ആ ആ ഇപ്പൊ ഇതും ഇതും കൂടെ ഇല്ലാത്ത ആളെ ഇപ്പൊ ചെയ്ത് പണിയില്ല ജയ്ഷായിക്കോട്ടാന്നേജന്റുണ്ട് അയിനൊന്ന് നമ്മ കുറച്ചേറെ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഓറ് തമ്മ പറഞ്ഞോളാം ജയ്ഷന്റെ പോലീസുകൾ അങ്ങനെ ഇടവുണ്ട് അപ്പൊ ഞമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഞമ്മൾ സ്വാഭാവികമായി ചോദിക്കരുത് ആരും പിറ്റിങ്ങും പറഞ്ഞില്ലെന്ന് ഇപ്പൊ നമുക്കൊന്ന് കാണില്ലെന്നു പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട കൊണ്ടാ ഇപ്പൊ ഇന്ന് ദിവസം ചേക്കനെ വരുന്നുണ്ട് കുറെ ആളീറ്റുണ്ടാക്കി എല്ലാരും ഇവിടെ ചെടുത്ത് പൊളിച്ചോട്ടി ജയിക്കുന്ന േ വൽമുറാദുബിൽ ഇഫാദ എന്ന് പറഞ്ഞ ഇഫാദത്തിൽ ഒരോമിൽ ബാസനീയെത്തി വൽ അസറാറിൽ റബ്ബാനിയെത്തി റബ്ബാനിയായ അസറാറുകളും ബാസനീയായ ഒരോമുകളും പറഞ്ഞു കൊടുക്കുക അതാണ് ഏത് ഇഫാദ എന്ന് പറഞ്ഞ അർത്ഥം ഇതൊക്കെ ആയാലേ ഇഫാതക്ക് പെറ്റിയാളാവും കിഞ്ഞപ്പോഴാണ് ഭാര്യത്തിയും തഹനീയത്തും തനിക്ക് തഹിക്കു ശേഷമേ പറ്റുള്ളൂ തഹനീയത്തേതാ വേണ്ടാത്തെല്ലാം എല്ലാ അനാവശ്യങ്ങളും ഒഴിഞ്ഞു കിട്ടണം വേണ്ടുന്നതെല്ലാം തഹലീത്തായി വേണം അത് തഹരി കായതിനു ശേഷം മാത്രമേ മറ്റേ ബാത്തിനെത്തി ഇപ്പം അത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ിൽ വരുന്നുണ്ട് ഇൻസിറ്റുണ്ട് തന്നെ അതിൽ ആ കാര്യം വിശദീകരിക്കാൻ പോകുന്നുണ്ടോ തഹലീത്തൊട്ടാണ് തഹലീത്തൊട്ടാണെന്ന് എന്തുകൊണ്ടാണ് തഹലിയത്ത് എന്താണ് തഹലീത്ത് എന്ന് വിശദീകരിക്കുന്നത് തൊണ്ണൂറ്റമ്പത് ഉസ്താവങ്ങൾ ഇടുന്നുണ്ട് ഇത് ചുരുക്കമാണ് ഏറ്റവും ഇതില്ല ആ തൊണ്ണൂറ്റൊന്നാം നൂക്കൊന്നും ആ തൊന്നു ഇതിന് തൊട്ടെല്ലാം തടഞ്ഞെത്താവണം അതിന്റെ കുറ്റിയും പേരെ ആ ആസാറും പിന്നെ അതിനും ആസാറും നീങ്ങണോ അതാ ഇതിനിൽ മൊരീദ്ൻ എന്നല്ലേ പറഞ്ഞത് അതാ പറയുന്നത് വമ്മ ഹൃദോദൻ മൊരീദ് ബൈത്തും ഈ ശരോട്ട് എത്തുപോണം മൊരീതിന്റെ ഹൃദോൻ മൂന്നെണ്ണമാകുന്നു ഒന്ന് മുജാഹദയാണ് രണ്ട് മുഖാബദയാണ് മൂന്ന് മുഷാഹദയാണ് തക്സീം അനുസരിച്ച് തന്നെ അപ്പോ മുജാഹദാഹദ ഇങ്ങനെ മൂന്നാം പൽ മുജാഹദി മുജാഹദി തീഹിർ ലാഹിലിനെ തക്തീമാക്കുന്ന വിഷയത്തിലാണ് മുജാഹദ വേണ്ടത് അപ്പൊ ലാഹിറായൂമ് അതിന് തഹമിക്കാത്ത് അതിന്റെ രക്ഷനുസരിച്ചിട്ട് സഹകാ അമൽ ചെയ്തുകൊണ്ടാവണം മുജാഹ നടത്തണം മുഖാബത്തെന്തിലാ ഉണ്ടാകും ഈ തക്തീമിൽ ബാ ബാത്തിന്റെ തക്തീം കാരണം ഹവാത്തിലല്ല ഒഴിവാക്കണ്ടേ മറ്റെന്താ ത്യാഗം പരിചയം ചെയ്തു കഴിഞ്ഞാലും ഹവാത്ത് ഒഴിഞ്ഞിട്ടൂലല്ലോ പണ്ട് കയറിയതും വരാമോ എന്നെ പിടിച്ചിട്ട് എന്നോട് നിങ്ങൾ തസ്മീസ് ഉണ്ടാക്കുന്നുണ്ടാവൂക്കണ്ടേ അപ്പ വലിയ മുക്കാബത ത്യാഗം വരിക്കലുവരും ابو بول مشاهره وثمره المقابده انا يعني المقابده سمره فجرب قلبك من اللغيار تملاه بالمعارف والاثrar نمده बोलते فراغ القلب هو تغمدو اعو تقول الا متو રીдили அர்த்தம்பக்க حدود الارادتي ارادتين حدودي قطع العايك وخرق العضائد اختزاب الفضائد എന്നു പറഞ്ഞা قطع العايك العايكനേತೆ പറഞ്ഞു നമുക്ക് മനസ്സുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും മുറിച്ചു മനസ്സ് പരിഹാരമാകാൻ വേണ്ടി പിന്നെ അവാുതേതാ മനസ്സ് ശീലിച്ചിപ്പിച്ചു വെച്ച കുറെ സ്വന്തം പതിവുകളുണ്ട് ഏത് ഞാൻ അങ്ങത്തു നിന്നും ഇങ്ങത്തും കൂട്ടൂല ഏ ഞാൻ അങ്ങനത്തെ കുടിക്കൂല ഇങ്ങനത്തെ കുടിക്കൂല ഞാൻ പൊടിപ്പാല് കുടിക്കൂല ഏഹ് പിന്നെ എനിക്ക് പിന്നെ ചിന്ത കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചോറ് ഉറങ്ങുള്ളൂ തലക്കാണില്ലാണ്ട് ഉറങ്ങൂല ഇന്നെല്ലാം പറഞ്ഞിട്ട് ഗഫ്സ് പതിവാക്കി വെച്ച കൊറേ ദുശീലങ്ങളുണ്ട് ആ അതെല്ലാം ഹർക്ക് ചെയ്യണം അതൊന്നുമില്ല കെട്ടിടിക്കൊണ്ട് പോയിക്കൂടാ മണ്ണാഘട്ടത്തിനോ ചിലപ്പോണ്ടി വരും എന്നിട്ട് വേണം പലതരത്തിലുള്ള പവായുതുകൾ മറുവാക്കുന്നത് കരസ്ഥ നോക്കി കൊണ്ടുവരാൻ അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ശരി ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശരിക്കും സൊമിയ മുരീദൻ അവനിക്കാണ് ബുരീതി എന്നുപേര് ഇങ്ങനത്തെ ഒരാളെ കെട്ടിയോ ശേഖ എന്തുകൊണ്ടാ മുരീദ് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇറാദത്ത് വെച്ചാളെന്നാണ് അതൊർത്ഥം ഇറാദത്തിന്റെ ഉടമല്ലേ അബിയാക്ക് എന്തിനെ ഇറാദത്ത് വെച്ചു എന്തിനത്ത് വെച്ചു വകീരാണ് മുരീത് എന്ന് പേര് വന്നത് ലി തഹപ്പൊക്ക് ഇറാദത്തി അവന്റെ ഇറാദത്ത് ശരി ണ്ട് ആ എന്തിനെ കൊണ്ടറാത്തിൽ മാലിപ്പത്തി സയ്യദി സയ്യീദിന്റെ മാലിപ്പത്ത് കിട്ടണം എന്ന ഇറാദത്തെ ഇവിടെ ശരിക്ക് തഹക്കാർക്ക് കളമൊരുക്കിയത് കൊണ്ട് മുരീത് മാരിപ്പത്തില്ലാണത് മുരീത് മാരിപ്പത്തില്ല അതുകൊണ്ട് എന്നാ ചോദിക്കും വേറെ എന്തിന് ഇറാദത്ത് വെച്ചാലോ മുരീൽ എന്ന് പറയാലോ സുന്നാമാഗ്രഹിക്കുന്നു മുരീതില്ലാത്തോടെ ഇവനിക്ക് ഓനും മുരി തന്നെയാണല്ലോ പക്ഷെ ഇവിടെന്താക്കി മറ്റൊന്നും പോ നമുക്ക് പ്രശ്നമാക്കപ്പെടുന്ന സംഗതിയല്ല പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെ കൺമുമ്പിൽ വെച്ച് വെച്ചപ്പോൾ അൽ മുരിയിൽ അമ്മ ഇറാദത്തിൻ വാദത്തിൻ وليء الارادة معرفة سيداء انه إرادة لها الارادة سالة شبك فول ولم يبق له مراد إلا محبة سيده سيدين لماحبة لا تماسرن يك مراد إذا باقي لا نفول سمي لذلك مريداً يك مريداً لفير برتيه ركبت الله باكم ذلك الله تعالى مريده مريده الله نمره الله على قلت لك مريده مريده الله مريد محبة الله വക്കീല വൈറദാനിക്ക ഇതല്ലാത്ത പല ന്യായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് അത് കേട്ടെ അപ്പൊ ജവാബു ഇത വെയിറ്റ് ഏതുണ്ട് ഹട്ടാ ഇതങ്കാത എന്ന് പറഞ്ഞിത ആ ഇത എന്ന് പറഞ്ഞ ജവാബ് അല്ല അതാണ് അതിൽ ആമിരി ഇതയിലുള്ള ഏത് ഇതയിലുള്ള ആമിലിതം ഈ ചെറുപ്പും ജവാബ് വന്ന് ഏതാമിലി അതിന് മത്തിനുള്ള ആരും ഉണ്ടായിരിക്കും അറിയില്ല ഇതാദ് വന്നാൽ പാർട്ടി നിങ്ങൾക്ക് ഉറപ്പു പറഞ്ഞു അപ്പൊ ഇതാ ഇല്ല അമിലകം ആറ്റിയാ ഇതാ അപ്പൊ ഇപ്പൊ ജവാബ് ഇതാ ഇതാ എന്റെ ജവാബ് അല്ല ഇതാ ഹിലും തീഹാന്നതിക്കുന്നു അല്ലധിന്നെ ജവാബിനുള്ള എത്തിപ്പത്ത് അതാദ്യം തീരുമാനിക്കുക ചെറുത്തും ജവാബും വന്നാല് ഈ ആരാമില് ആരാ മാങ്ങൂല് ജവാബ് ആമിലും ചെറുത്ത് മാങ്ങൂലും ആണോ അപ്പൊ ജവാബു ഇതാ ഇതാണെ ജവാബ് ഹു കോ റുദ്ദല്ല ഔറാദ് മൂന്നാമത്തെ പരിത റുദ്ദല്ല ഔറാദ് അപ്പൊ ഇതാ അവനെന്താക്കി വെഴിപ്പെട്ടു അവന്റെ ഇഫാദെന്നെ ശരിയായി വന്നാൽ അവർ അതിലേക്ക് കൊണ്ടുവരണം ഗോമാ അതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളല്ല അപ്പൊ ഇതാ സലഹലിൻ ഇതാ സലഹലിൻ എന്നല്ല ഒന്നാം വരിന്റെ കഷ്ണം വൽ ഇറാദത്തി രണ്ടാം വരിന്റെ കഷ്ണം എന്റെ താനിക്ക ണ്ട് റുദ് എന്റെ താരിക്ക് റദ്ദാരിന്റെ ജവാബ് അല്ലേ മുസന്നിഫ് റബിയ അബാറത്തിൽ പറഞ്ഞു ചേരി കൂടി പോവാക്കെന്ന് തന്നെ അയ്ബാറത്ത് കൊണ്ടാന്ന രീതി ഉണ്ടല്ലോ മൂപ്പുറത്ത് ഞാൻ തലചിട്ടാണല്ലോ കൊണ്ടുവന്ന രീതിയിലാണെങ്കിൽ റുദ്ധ വക്കത്തലാഹ്യ തീരെ ലിഫാദത്തി ഇരൽ ഔറാദ് എന്നായി ഫൈൻഡാണ്ടല്ലോ അപ്പൊ റുദ്ധ മടക്കപ്പെടണം എപ്പോഴും ഇഫാദക്ക് ഓന കൊള്ളാവുന്ന വക്കത്തിൽ മടക്കപ്പെടണം ഇരൽ ഔറാദിലേക്ക് മടക്കണം അപ്പൊ താലൂക്ക് എടുത്തേക്കായി റുദ്ദാന താലൂക്ക് എടുത്തേക്കായി ഇരല്ലൌറാദി ഇര ചെറുപ്പുണ്ടല്ലോ റുദ്ധ ഇരേക്ക് പിന്നെ താല്യൂ കൊടുക്കുന്ന സലാഹിയത്തിലേക്ക് അവൻ നിഫാദക്കും സലാഹിയത്തിനാകുന്ന അവസരത്തിൽ ഔറാദിലേക്ക് മടക്കപ്പെടണം എന്നായില്ല പിന്നെ ഈ ഔറാദിനെ മൂപ്പറാക്കുന്നു തഫ്സീറാക്കുന്നു അല്ല തീറബിലൊരീദിനെങ്ങോട്ട് മടക്കപ്പെടണം എന്ന് പറഞ്ഞ ഔറാദ് ഉണ്ടല്ലോ എപ്പോഴും ആക്കിയതിന് ശേഷം മഴക്കപ്പെടണം എന്ന് പറഞ്ഞ അപറാദം എന്തൊക്കെയാണ് ഇപ്പൊ സ്വന്ത പോലെ പറഞ്ഞു എന്താ സ്വന്തം നാവടക്കം അല്ലേ സിക് ഇവർ നാവടക്കം എന്ന് പറഞ്ഞതിന് മാത്രം ഏഴായിരം സിക്മത്തുകൾ അടങ്ങിയിരിക്കുന്നു ഏഴായിരം സിക്മതുള്ളിലുണ്ട് ഏഴ് കാര്യത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട് ഏഴ് കാര്യത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഏഴായിരം കൂടി എന്തൊക്കെയാണ് ഒന്ന് അയഴണം ഇബാദത്തും മിൻ വയറു താപിൻ താപവും ഇല്ലാണ്ട് ഇഭാദത്തെടുക്കുന്ന ഒന്ന് കൊറേ ഊർജം വേറെക്ക് സംസാരിച്ചിട്ടും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഇങ്ങനെ തീർന്നുപോയിച്ചാണല്ലോ ഈ തളച്ചയും ചീടും എല്ലാം വരുന്നത് ഒന്നാവിടയ്ക്ക് എത്തോളം നല്ല ടാബിലാണ് വിവാദത്തിൽ പല ഒടുക്കുകയും കൈക്കോടത്ത് പിക്കാസെടുത്ത് കിടക്കുന്നതിനേക്കാണ് ഊർജമെന്നൊരു സംസാരത്തിൽ തീരുന്ന രണ്ട് ഓട്ടം അതിലൊന്നും കെട്ടാത്ത ഒരു നല്ല ഒരു കവചമുണ്ടായി ഇവനെ ആർക്കും അടിക്കാനെങ്കിലും കുത്താനെങ്കിലും ബാഹ്യം കൊണ്ടടക്കുന്ന പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവരെ കൊണ്ടുവള്ളിയും ആരോടെ പറയുമ്പോൾ മലയാളം എത്തും പറയലേ ഒന്നുമില്ല പിന്നെ സുൽത്താനിൻ രാജാധികാരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കാണുന്ന ജോലി എന്തൊക്കെ പറഞ്ഞേക്കോ എന്താ മൗനിയോട് വലിയ പക്കാറുണ്ടാവുമല്ല പിന്നെ റാഹത്തു കിളാബിൽ കാത്തി കിളാബിൽ കാത്തിനത്തോട് റാഹത്ത് കിട്ടി പിന്ന ശത്രുള്ളിൻ ജാഹിലി ജാഹിലിന്റെ അയ്മെല്ലാം മറച്ചു വെക്കാനുള്ള മറയായി മാറി ഉള്ളിൽ ആലിനി ആലി മിന്നാണെങ്കിൽ അതൊരു ഭംഗിയുമാണ് കിന്നത്തുന്നിറ്റിതാരി പറഞ്ഞു ബോധത്തിട്ടൊന്നുതാർ ബോധിപ്പിക്കണ്ടൊന്നും വേണ്ട മാപ്പി ചോദിക്കും വേണ്ട ഒന്നും വേണ്ടാലെ പങ്കായി പോയിത്താക്കും മറ്റാക്കലോ ഒന്നും പണ്ടല്ല അഴെണ്ണത്തിൽ അതാ ശരിക്കും പിടിച്ചിട്ട് അതൊക്കെ സ്വന്തത്തിൽ കിട്ടുന്ന നേട്ടങ്ങളാവും ഇല്ല ഇതല്ലോ അതണ്ട് അല്ലെ അവസമാത്രമേ ഹവാസി സ്വംസിന്റെ ഹവാസിൽപ്പെട്ടതുണ്ട് അന്നോ യുലക്കിനും ഫിക്രത്ത ഫിക്രത്തിനത് തലഹി ആക്കിത്തരും സംസാരിക്കുന്നവർക്ക് ഫിഗർ നടക്കൂല ഒന്നും ഉണ്ടാകണമെങ്കിലെന്താവുള്ളൂ ഫിക്കിറുള്ളിനടക്കുള്ളൂ തൽഫി ആക്കുള്ളൂ പലതരത്തിൽ ഹെക്കുമത്തിനെയും കൺപിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരും ഇതാ കാലം ആൽ സിക്രത്തി സിക്രത്തിനോടൊപ്പം കൂടിയാൽ അത് സിക്രത്തിനെ ഇത് ഏർപ്പാട് ചെയ്തു സിക്രത്തോട് ഓടുമ്പോ പല ഹെക്കുമത്തുകൾ ഇങ്ങനെ വരാൻ തുടർന്നു വൈലബ സഹുബുൻ സിഖിറത്തിനോടൊപ്പം കൂടുന്നില്ല പിന്നെ വെറും സഹുബായിച്ച് മാറി പിന്നെ ഒരു ഒരു കാര്യം ഉണ്ടായില്ല ഉള്ളിൽ ഫിക്കിർ കിടക്കുന്നു പോഷം ഒന്നും കൊണ്ടിട്ടില്ലെങ്കിൽ പിന്നെ സഹുബാങ്ങനെ പ്രത്യേക കാര്യമൊക്കെ മഹന്മാർ പറഞ്ഞത് ഫിക്കിറില്ലാത്ത ബഹുൻ സോം സഹുബല് പിറത്തിൻഹുബോൻ എന്തെങ്കിലും സാധനം കണ്ടാരെന്നാണ് അതിൽ പാഠം പഠിക്കാനുണ്ടാണോ സംഗതി പിടിച്ചെടുക്കുന്നത് അതില്ലെങ്കിലോ അത് വെറും ഒരു ലഹ്ബായെന്നോർത്തങ്ങനെ നോക്കി കണ്ടു വന്നു ഇവിടെത്തുവാസ് വസാസുകളും ഹവാസിലുകളും സ്വഹംബത്തി കെട്ടി കൊണ്ടുണ്ടാക്കി ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് എന്തെല്ലോ കൊറേ ഹവാസുകളും കുറെ വസാസുകളും വരാൻ പോകുന്നതിനെ പറ്റിയുള്ള കുറെ പദ്ധതികളൊക്കെ ഇങ്ങനെ കിട്ടി ശ്രമിച്ചില്ലേ വഹു മന്ദിരത്തിൽ കലാമിന്റെ പകുതിന്റെ സ്വന്തല്ലാന്ന് മാത്രം നാവയെ സ്വത്തിലായിട്ടുണ്ട് പറഞ്ഞ് ജോയ് അത് വശപ്പ് സഹിക്കലിലേക്ക് സഹായകമാവും അതാണ് നോമ്പ് നോമ്പു എന്ന് പറഞ്ഞതിന്റെ കാരണം ജോയ് വശം എന്നാൽ ഉണ്ടാകുന്ന പായുതകൾ രണ്ടേ മുപ്പത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് വില കൊടുത്തിട്ട് വിൽക്കാവുന്ന സാധനം ഉണ്ടെങ്കിൽ വിലക്കുവാം ഏഹ് കിട്ടും പോലെ ആയിത്തൊള്ളിന്ന് പോയില്ലേ അപ്പൊ അസ്ത്രാറുഹോ അതിന്റെ വിശപ്പ് ഉണ്ടാകുന്ന അസരാറുകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇല്ല എന്നോ ലായംബകൽ നിഫറാത്ത് പണ്ടും പറഞ്ഞിട്ടുണ്ട് വിശപ്പിൽ അമിതമായി ആരോഗ്യം ചെയ്യുന്ന രീതിയിലുള്ള വിശപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൊറേസ് അതും പണ്ട് പറഞ്ഞുതന്നെ മദ്യ നിലക്കുള്ളതാണ് നല്ലത് എനി വ സുഹാദീന്ന് സുഹാദെന്ന് പറഞ്ഞാൽ എന്താ ഉറക്കൊയ്യലല്ല ഉറക്കൊയ്യലെന്നാണ് അപ്പൊ അനാമു ആയിരത്തിലാണ് അനാമായി താമായി ജൂരി കലാമായി സുതിരി ഇനി അനാമ എല്ലാ വ്യക്തിഭാഗല്ലോ നാളെ നാല് വയ്ക്കുന്നു അനാമോ അനാമ് താമ കലാമു നാളെണ്ണം അതാ വൽമുറാതുട സുഹാദു കൊണ്ട് ഉദ്ദേശം കില്ലത്തുന്നോ പൊറക്കിനെ കുറയ്ക്കൽ എന്ന ഹത്താൽ ആ എഴുതിയിലെ അയൽ കഥക്കാതെ അത്യാവശ്യമായ കഥനകളെ കൂട്ടാത്ത രീതിയിൽ തിരെ തുറങ്ങാണ്ട് ചോദിച്ചു എന്നാ എന്താക്കും കണ്ണിന് രകം വരും വരും ചെയ്യുന്ന കാര്യത്തിനൊക്കെ ആവിടലും എന്തല്ലോ തോക്കുമുക്കലും വരുമല്ലാറു നിനക്ക് നാല് ശത്രുക്കളുണ്ട് അശ്ശൈപ്പു ഒന്ന് ശൈത്വാനാകുന്നു ശൈത്വൻ നമ്മളെ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ആയുധമേതാണ് അശി ഭാരം നിറക്കൽ എന്നതാകുന്നു ഇതെന്താക്കണം ആ ആ ശത്രുവിനെ പിടിച്ച് ജയിലിലാക്കണം അതാ ജയില് ആദ്യ പിടിച്ചെടുക്കല് രണ്ടാമത്തത് വൽഹവാടിയവയാകുന്നു അതിൻ്റായി തമ്മൽ കലാമാണേ ഹ അതിനെ പിടിച്ചെടുക്കാനുള്ള സിജിനേതാ സ്വന്ത സ്വന്താകുന്നു അപ്പൊ ഏതെല്ലാം വന്നു ജൂറും വന്നു സ്വന്തും വന്നു അപ്പൊ താമം പിന്നെ േനാമയത്തെ അത് നമ്മളെ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സിലാഹയിലെ ഉൽക്കി പടപ്പുകളുമായുള്ള ബന്ധമാകുന്നു അതിന് പറ്റുന്ന വിസലത്തും ഹൽവത്തും രണ്ടാണെന്ന് ഈ പറയുന്നുണ്ട് ഹൽവത്തുവിനെ മനസ്സിലെ ഭാര്യമാണെന്നാൽ എന്തുപറയാ ഹൽവത്ത് എന്ന് പറയുന്നു തടി മാത്ര കാര്യ വിസലത്ത് എന്ന് പറയാം അപ്പോൾ ഹൽവത്താണ് അവിടെ മുറാദ് പ്രസരത്തുണ്ടാവില്ലെന്നല്ല ഞാൻ ബജാറിൽ തന്നെ പോയിട്ട് നമ്മളെ മനസ്സിന് മാറ്റിയില്ലെങ്കിൽ ഒരാ ഹൽവത്തം ഹൽവത്ത് ദർ അഞ്ചുമൻ്റെ അഞ്ചുമൻ ആൾക്കൂട്ടത്തിൽ തനിയാണെങ്കിലും ഹലോത്തിനാണ് ഉൾപ്പെടെ ഹൽവത്തും എടുത്തു പറഞ്ഞു പിന്നെ വൻ നോ നാലാമത്തേത് നെഫ്സാകുന്നു ബസ് ലാക അത് നമ്മളെ കീഴടക്കുന്ന ആയുധം മന്നു ഉറക്കാവുന്നു അതിന് തിരുച്ചിറ തടമൂറിയതാ സഹ അപ്പൊ അനാമുമായി മനാമുമായി ഇനി ഈ നാല് കാര്യം പറഞ്ഞല്ലോ അതിൽ എല്ലാം അതിരി ഒട്ട് കിടക്കാൻ പാടില്ല എന്ന സുമ്മൽ മത്തുലോബ് മിൻ ആദി ലറബായി നാല് പത്യം പറഞ്ഞല്ലോ അനാമും മനാമും താൻ കലാമും ഇതിൽ മത്തുലോബ് അൽവസത്വവും മദ്യ നിലക്കുണ്ടതാവണം എന്നതാണ് മാത്രമല്ല അഹമ്മി ഇവന്റെ അവസ്ഥയോട് ഏറ്റവും അഹമ്മതാണ് അതുകൊണ്ടിക്കുന്നത് എല്ലാര്ക്കും നാലും മൊത്തത്തിലാണ് ഒരാക്കി ചെലപ്പോ നന്ന വായ ടോക്കിറ്റീവാണെങ്കിൽ എന്തോണം അവിടെ സ്വന്തത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അമിതമായി തിന്നുന്നവനാണ് ബായി അടക്കുന്ന ബായി അടക്കണം എന്ന് പറയണ്ടെങ്കിൽ ഇല്ലാതെ മറ്റേതാ പറയണ്ടത് വായടക്കാനാ പറയണ്ടേ ഓനിക്കെല്ലാം ഉണ്ട് പക്ഷെ ഉറക്കധികം ആണെങ്കിൽ ഉറപ്പിനാണ് പ്രാധാന്യം അടാം സഹറിനാ പ്രാധാന്യം കൊടുക്കേണ്ടത് എല്ലാവർക്കും പ്രാധാന്യം ഒരുപോലെ അലിക്കൂലല്ല അതാ അപ്പൊ ഒരുത്തന്നെ എന്തുവേണം അവന് അവിടെ അഹബ എന്നാ ഉള്ളത് അപ്പൊ ഇപ്പറ പറഞ്ഞ അഹമ്മ എന്ന് വേണമെന്നായിരുന്നു എന്താ ശേഷം എല്ലാം പറയുന്നത് ഇവനിക്ക് ജൂ ആണ് അഹമ്മായിട്ട് വേണ്ടത് എന്ന് വെക്കാം ഇവല്ലാതെ തീറ്റിക്കാരന ശിവയാണ് എന്നല്ല ഹാജത്തിന് ഹാജത്തിനൊപ്പം തിന്നാൻ പാടില്ല കൺട്രോളാക്കണം ഓരോ അവസ്ഥകളല്ലേ ഒരിച്ചും ബോയി വെച്ച് തിന്നലാക്കണം ബാക്കിയെല്ലാം ക്ലിയർ ആയിരിക്കും എന്നാൽ ഓനെ സംബന്ധിച്ചിടത്തോളം ജോലിയിലാണല്ലോ കൺട്രോളിക്ക് പോകേണ്ടത് ഗവൺമെന്റ് കാണാൻ അഹമ്മയി ഒരു തന്റെ വല്ലാതെ കലാമാ അവനിക്കും എന്താ കൊടുക്കേണ്ടത് സ്വന്താണ് എനിക്ക് പ്രാധാന്യപ്പെട്ട സംഗതി എന്നെല്ലാം ഞെത്തക്കെല്ലാം ഇല്ല അനി മായ അനി അല്ലാതെ സംസാരിക്കാൻ പാടില്ല وامن كان القلب يطوى هم اليه وتصمدتوا حنبطான अरिवा जमेंगेल निल हंकतिना कालम निरत अल لقاء الناس జనంగల అల్కాయి నివేని రహతు గానపడilla బల్ యస్తవహి తు మిన్హు అవరతుతు వహసతినే తెరుగా యాణు వంటద నిరు వమన్ కన తరహబ్బ ఇలే మిననౌమి నౌమి ని మిట్టట సహరాన ఉతన్నందు వంటద అహ్మను వచ్చన లం జన ఫౌకల్ హాదితిన్ అజాలా ിരത്തിലും അതിരിവിട്ടുകിടക്കൽ എന്നത് എന്തിനായാലും വശം തന്നെ ഇവിടെ ജുഅൻ പട്ടതുണ്ട് ടിക്കുറത്തി ടിക്കുറത്തിനെ തന്നെ സാറാകുന്നുണ്ട് വിശന്ന് വിശന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ കിട്ടാതെ മനസ്സിന്റെ വൈകല്യപ്പെടുത്തൂന്ന് അറ്റൂരാ പമിനുണ്ട് മോണിർ പൊമ്പിൽ ഹെക്കുമത്തി ഏക്കുമത്തിനെ തടയുന്ന സാധനമുണ്ട് ഉറക്കയിലുണ്ട് അതിയിലിശൂന്യലേക്ക് എത്തിക്കുന്ന ഉറക്കയിലുണ്ട് ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ചെന്ന് ഇഷ്ടപ്പെട്ട് ആകാ തിരുന്തേ പോക്കുംവത്തിൽപ്പെട്ട ചിലതുണ്ട് ഇരൽമലി മലലിലേക്ക് ചേർത്ത് കളിയും മുഷിപ്പ് അൽവത്തായി പിന്നെന്തായി ആരെ കൂടെ കൂടെ വിചാരി മുണ്ടാകാം ഒന്ന് ചെയ്യാൻ കഴിയണ്ടായി െന്ന് പറഞ്ഞ കാര്യമാണിത് എന്ന് പറഞ്ഞാൽ ഇവനിക്കകപ്പെട്ട രോഗങ്ങളിൽ നിന്ന് ചികിത്സിക്കാവുന്ന തരത്തിലുള്ള മഹാമലാത്താണ് ഉദ്ദേശിക്കുന്നത് ഇവനിക്കെന്താണോ രോഗം കണ്ടെത്തി അതിന് ചികിത്സയാണ് അപ്പം പമന്തയിൽത്തു ഓരോന്നെ റിസിലത്താണ് യോജിപ്പെങ്കിൽ ആമലോ റിസിലെത്തുകൊണ്ടായിരിക്കണം അവന് മാമല ചെയ്യേണ്ടത് അപ്പോ ജനങ്ങളെ കൂട്ടത്തിൽ കൂടി ടെൽത്തെ കൊണ്ട് ആകെല്ലാം നടക്കാവുന്നു എന്നാൽ റിസിലത്താണ് അവന് അതും മുഖേന തീർച്ച നിശ്ചയിക്കണം വതലോ ആ വിസിലത്തിന്റെ മേരിൽ അവനെ അറിയിച്ചു കൊടുക്കണം ഇനി വമൻ നീരത്തല തലേക്കുമ്പോൾ നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദല്ലു അലേഹ അതിന് വേക്കണം നീ ശൽ കൂടണം അതിന്റെ അതാപുമായിരിക്കണം അമൃമിൽ മാറോപ്പും മുങ്കറും പിന്നെ അമൃതലായ കാര്യങ്ങൾ വേണം മഹാത്ര അങ്ങനെങ്ങട്ട് പോട്ടെ ഇത് ലൈസത്വ മഹാമരത്വ അനിൽ അനുകാറം മഹാമരല്ലാമരത്തി അനിൽ നിഹായത്തി നിഹായത്തിന്റെ അനുകാരം ആമല പോലെയല്ല രണ്ടിനോട് പറഞ്ഞോളില്ലേ എന്ന് പറഞ്ഞത് അനുബിദുൽ അനുയോജ്യം വന്നുണ്ടായി ഇവൻ ജനങ്ങളുടെ ഇറങ്ങിയിട്ട് ദേവത്തിൻ്റെ ഇറങ്ങണല്ലോ അതാണ് അനുയോജ്യം അതാണ് ഏത് മൊഹാമുഹായ് അതുപോലെതല്ലോ سيد جايد قلت لكم معامل يلا كمعاملة الباطلين سيد عبطاني بجل وشتر تيار معاملة الباطلين لهم يتوقف القرم وقوله إذ عالموا مختلفا للاتي انوارنا له ببدا انقلاء اللتن الرجول أي يعني أنهم إنما عملوا المريدين بمعاملتية مختلفة مختلفه يا प्रकारे معامل കണ്ടു मरीज മારો ഇവ معامل ചെയ്യാൻ കാരണം <li>അജിമാ അലിമോ فيه എന്നില്ലാതൽ മുക്തരിഫതി വെത്യസ്തമായ ഇല്ലാതുകൊണ്ട് സംബന്ധിച്ചവർന്നുകൊണ്ടാണ് എന്നാരോഗം ഒരുപോലെ അല്ല ഫആഅമിലു കുല്ല വാഹിദി ബിമാ ഹുവ فيه ബിമാ فيه दवाഹു എന്ന മുക്ത هذا الباب وارد بما فيه دباءه اور وتن جوق ثمرت الدبا عند انه ادني تصير معاملة يدوا ان وفي بعض النسخ ققر بنفسه للفال من الفالات ققر بنفسه من الفالات عبده النفسن اديكير بوله فالاته غالينت سلسي اديكير بوله وهو اشاره للذله الذله الذلهتيك سوني يا نهار മറ്റൊന്നെന്താ വിവിധങ്ങളായ മഹാമല കൊണ്ട് കൽപ്പിച്ചതിന് കാരണ പറയുന്നത് വിവിധങ്ങളായ രോഗങ്ങളുണ്ട് അതുകൊണ്ട് വിവിധങ്ങളായ മരുന്നാകുന്ന മാമല ചെയ്യേണ്ടി വന്നു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നല്ലേ ആ വിവാദ പ്രകാരം പിന്നെ എന്ന വിവാദ പ്രകാരമാണെങ്കിൽ ഈ വ്യത്യസ്തങ്ങളായ മഹാമലത്തിന്റെ സാമ്പിൾ ഇതുപോലെ ആഴിഞ്ഞ സ്ഥലത്തേക്ക് അവനടുപ്പിക്കലുപോലെ അപ്പൊ വിജിലൻസിലാക്കല് പോലെ എന്ന് വിസാരി മാത്ര انتجلها <تصفيق> وفي الهكم من عندما نفعل قلب شيء مثل عزلة يدخل بها ميدان فكرة إن ما نفعل قلب شيء قلبني قلل شيء فالنجهدت الله مثل عزلة <تصفيق> عزلة بولا وطوري تغيير التمر جيل عزلة تغيير إن التزلت الله يدخل بها ആ വിദരത്തോടുകൂടി കടക്കണം മൈതാന ഫിക്രത്തിൻ ഫിക്രത്തിന്റെ മൈതാനി കടക്കണം അല്ലെങ്കിലോ വെറും ഇന്നത്തെ തലവാന് തുറയിട്ടുണ്ട് എന്താ കാലമാരത്തി വൈലാ ബഹുവ സഹം കമാന ബാഗം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഫിക്രത്തിന്റെ മൈതാനിയിലേക്ക് കടക്കുന്ന കടക്കണം വിസരത്തായി വേണം അല്ലെങ്കിലോ ക്ഷിക്കറത്തുമില്ലാണ്ട് പോയി ഫിക്രത്തിനെ സംബന്ധിച്ചും മസുരത്തിനെ സംബന്ധിച്ചൊക്കെ ഞാൻ നീട്ടി വലിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഫിക്രത്തിൽ പറഞ്ഞാൽ എന്താ ഫിക്രത്ത് എത്ര തരത്തിലുണ്ടോന്നും ഫിക്രത്ത് എത്തിമാറുണ്ട് ഫിക്രത്ത് മറ്റേ തമ്പിഹുണ്ട് എന്നൊക്കെ പണ്ട് പോലെ ഏതും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അലം അല്ലേ അനാമ് ആനാമ് തഹാമ് തലാമ് ഉപേക്ഷിച്ചിലൂടെയുള്ള പത്യാരാണ് ഇതിലേക്ക് ഇപ്പം എത്തിയത് അപ്പൊ ഇപ്പം നിലവണ് പണിയെടുപ്പിക്കുകയാണ് അതല്ലേ സിമ്മ തക്കറ സിർവ ദലാലോദിക്കുന്നു ഹക്കായ്ക്കൊന്നും പറഞ്ഞു കൊടുക്കാത്ത കണ്ട് വെറും അഹമാലിന്റെ മുകളിലാണ് ഇപ്പൊ ദലാലത്തെ എഴുതിയിരിക്കുന്നത് അത് ഇത് ചെയ്യുന്നല്ലേ അതെന്തിനെ അങ്ങനെയാക്കി അല്ല ولم يحيدوه على الهقيقة إذ لم يكن مستوفي الطريق لكن أهادوه على العمال لأجل ما فيها من النوال إذ سريق العلم ثم العمل ثم هبات بعدها تعملون അപ്പൊ ഇവിടെ ചെയ്യണ്ടാ ചെയ്തത് ധാരാളം അമ്മ ചെയ്യാനും ഇപ്പൊ പറഞ്ഞു വിട്ടത് വലം യുഹയിലു അലൽ ഹസൈക്കത്തി ഹസൈക്കത്തിന്റെ മേൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്തുകൊണ്ട് ഇതിലും ഞക്ക് മുത്തീക്കത്തിന്റെ ആ ഹക്കുകൾ പൂർണ്ണമായും വീടേ ആളാവാത്തത് കൊണ്ട് തന്നെ വന്നപാടാൻ തന്നെ അതീക്കട്ടെന്ന് തോന്നുകൊടുത്തരാം കേറി തന്നെയുള്ളൂ ിനെ പിടിച്ച് അയമാലിന്റെ മേലിലാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അയമാലുണ്ട് മിനൻ നവാൽ ഒരുപാട് നവാലുകൾ അള്ളാഹുന്റെ വക്കൾ ഒരുപാട് സഹമത്തുകളും നസഹാത്തലും കിട്ടാനുണ്ട് അയമാരിൽ കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അയമാലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു ரகப்பிவன इद الطريقه কারন الطريقه மல அல் ইলமா ത്വಮ್ಮல் அமல ইলமா ത്വಮ್ಮல் அமல ത്വಮ್ಮல் അനரோ மைதுபுன इद તરી புன் इद мо ത്വಮ್ಮൻ अहमदу તરીค എന്നു പറഞ്ഞാൽ ആദം ഇൽമു ബിൻ അമല ിൻഫും ഹിബാത്ത പിന്നെന്താക്കണം അന്നാ നമക്ക് നീട്ടുന്ന മവാഹിബുകൾ ഹിബാത്തുകൾ അത് രണ്ടിനു ശേഷം ഒരു ആഗ്രഹിക്കപ്പെടേണ്ടതാണ് ആദ്യം കൃഷി ചെയ്ത് ചെടി നട്ടിട്ട് പഴം കഴിക്കാനാണ് ചെടി നടമ്പം തന്നെ പഴം കഴിക്കുന്നില്ല സുഹൂദു ശാഹുവിന്റെ ഹലറത്തിന്റെ وإنما يحيطوا على الحقيقه شروط القدس على الحقيقه أن من يبرن ذاكيل لا يلحقوا الانچالي اي لم يتبعوه عليها حقيقه انمل اطلاع يجعل لا يلحقوا انين <تصفيق> القيمهត់ ترك لا لا حقيقه انمل اطلاع يجعل وردبطي لا قبل السبيه الطريقه الدقيقه النعمه على पूर्तिان منمبايت আদതೊಂಡ അറിയോ ليعن الحقيقه حقيقه الملذ അമു ഹാ ഇരു അതിന്റെ കാര്യം വളരെ ഭയാനകമാണ് കാലുറക്കാണ്ട് വെള്ളത്തിക്കീച്ചാൽ എന്താകും നീന്തി ഒഴുകിന്നിട്ട് പോകുമ്പോണ്ടാങ്കൂല അക്കീതിരക്കന്ന് എത്തിപ്പോ നീന്തിയൊക്കെ ലായി മാറിപ്പോകണ്ട് ലുഹാ ഈ ഹീക്കത്തിനെ പിടിച്ചു നോക്കാൻ കഴിയൂല എത്തിക്കൂല ഇല്ല നല്ലോണം പടപെട്ടുന്ന ശുചാകാരാണ് അവടിച്ചുക്കാൻ കഴിയൂല ആകെ കാരളീഫനല്ലേ എത്ര പേരെ ഒന്നാമത്തെ രംഗത്ത് തന്നെ അഫ്വാനിന്റെ പനാഗക്ക പനാഗർന്ന് അവിടെ നിന്ന് അഫ്ഹാനുള്ള പനാഗ് അസ്മുള്ള പനാഗത്ത് ഇഫാത്തുള്ള പനാഗ് ആസിനുള്ള പനാഗനല്ലേ എത്തലി അഫ്വാനുള്ള പനാഗത്തം പന്നാകുന്നെങ്കിൽ ജബരിയായിക്ക് മാറുന്നുണ്ടാവും ഇനി അഫ് ആ പനാഗരന്താകും അബുദിന് ഹവലൂലൊക്കെ പോത്തൂല എന്നാ കാണുക അബിനിന് ഹവലൂലൊക്കെ പോത്തൂല്ലെങ്കിൽ ജബരിയായിട്ടുള്ള പറഞ്ഞല്ലേ ശരി എന്നൊരു തോന്നലെന്ന് വാങ്ങി ഞാൻ നേരെ ഊട്ടപ്പുറത്തേക്ക് പോയി ജബരിയത്തും കീരിയത്തും പുറനെള്ളം പെട്ടവരാണ് തന്നെ അങ്ങനെ ഗണീൻ്റെ അടേ അപ്പാലുള്ള പനാഗുക കാലകുതി പോകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ഘട്ടം തന്നെ അപ്പൊ ജബരിയത്തിന്റെയും സൂഫിയത്തെ പറഞ്ഞ അപ്പാലുള്ള ഫനാന്റെ ഇടയിലുള്ള പൊറത്ത് തിരിയാണ് ശരിക്കും രണ്ടും രണ്ടാന്നുള്ളത് സായിരുന്ന നല്ലവണ്ണം പടവത്തി യുദ്ധം ചെയ്യുന്നതാണ് ശത്രുക്കളേൽ ചാടി വന്ന് ജബരിയത്തിന്റെ പോലും വാത്തില്ലും ജബു തന്നെയാന്നാണ് സോഫിയത്തിന്റെ അഹ് ലാഹിറല്ലി എന്തുണ്ട് ഇഫ്തിയാറും ഉണ്ട് വാത്തില്ല ജബുറി എന്ന അപ്പൊ മധുബോം ഫിഅൽ ഇഫ്തിയാറി എന്നാണ് ഓരോ മധുരബും അത് തമ്മിൽ പുറക്കുകഞ്ഞാൽ സോഫിയത്തിന്റെ ഈ മധുറബും ജബരിയാക്കുന്ന മദുറബും ഒന്നാണ് തോന്നിയിട്ട് ആക്ഷേപിച്ചാലും ഉണ്ട് ജബിലിയത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ വിന്യാസം ചെയ്യുന്ന ഒന്നും മനസ്സിലാക്കാനും ഈ കുർആാനായൊക്കെ കൊമാരമായിട്ട് ഇരുതാമായി തങ്ങനെ ഒരു സംഗീതം തങ്ങനെ അറിയാറുണ്ട് അപ്പൊ وقيل ذلك يكون شيخ الجيلاني رضي الله عنه قائك الجوروهتني সম্বন্ধে আরহিকুন قضا بي عينيتي الله ورياك ذح لا يهولاك لا لا يهول ان كان নুন নুন আদ্যتين 제రికാണ് കൊണ്ടോ دارو. আমরহা فمعنا عليها ان السجاع المقاري വയ്യ കീ ഹത്തിന്റെ വാതി തുറക്കപ്പെടുന്ന അവസരത്തിൽ ജസൈനെ സൂക്ഷിച്ചു കൊള്ളണം അസാധാരണമായി പലതും വരുമ്പോ ആകെ പൊറുന്ന പിടിച്ചു കഴിയൂല ലാ യഹൂ ഹത്തിന്റെ കാര്യം നിന്നെ ഉണ്ടാക്കാൻ പാടില്ല ബപ്രാണത്തിന് പേടിയിലാക്കാൻ പാടില്ല അമാനാര അതിനെത്തിച്ചിട്ടില്ല ഇല്ലാരി ആല് കൊണ്ട് ഭയങ്കരമായി പടപെട്ടുന്ന അത് എത്തിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ടുണ്ട് فلا تتاكو إلا بعد موت النفوس وحت الرؤوس وتصريت المباطن من الغيار وتحليتها بالأنوار إما فلا تتاكو هذا قد رضي صغانا أولا هذه هي حقيقة إلا بعد موت النفوس نفسها المرجانية شمالا دائم هذه هي ما يرونه إزرائيل وضعنا ما يرونه إلبيا اللغة في كنة بند وضعنا إنها قلناه أردون تقول لها وحت الرؤوس <���verständ> it you, to to that Ruh, vessos, the ി അതായത് കിംറും എല്ലാം കളഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യും അതുപോലെ ആനങ്ങട്ട് പോണം അതാ ഹൂസ് പിന്നെ ബമാഅത്തോട് ആക്കണം അൻവാറുകളെ കൊണ്ടുണ്ടാകണം തഹലീയത്വാക്കണം ആ അവസരത്തിലല്ലാതെ ഈ തങ്ങുകയ്യൂലാന്ന് അപ്പൊ അതില്ലാത്തോളു അപ്പൊ ബമാൻ അത്ര ഇത്ര അറിയ കാലിക്ക ഈ പറയപ്പെട്ട അവസ്ഥ എത്തുന്നതിന് മുമ്പായിട്ട് ഹക്കായിക്കിന് നമ്മൾ ഇസിലായി ചെയ്താൽ ായി പോകല്ലേ ബോടിക്കേണ്ടതുണ്ട് നിന്നീക്കുന്നത് എന്നാ പിന്നെ മതം ഉണ്ടാവൂല ഒരു പ്രത്യേക മതം ഉണ്ടാവൂല എല്ലാം ഒന്നും ശരിയെന്നെ എല്ലാവരും പറഞ്ഞ ഒന്നു പറയാൻ തുടങ്ങും സത്യമതം ഇതാണ് സർവമത സത്യവാദെന്ന് പറഞ്ഞ് തുടങ്ങും നന്ദീകരിച്ച മതത്തിന്റെ പേരി പുറത്തു പോവുക അപ്പൊ അങ്ങനെ ഉണ്ടാവൂല എഹി ഒന്നുമില്ല അല്ല അലിയാൻ കത്തല്ലാത്തതുറക്കും എന്നുള്ളത് അറിവുകൊണ്ട് ഇൽമ കൊണ്ടെത്തിക്കപ്പെടേണ്ടതല്ല വൈദ്യമായി അതുവാക്കും അഭിജിതാനും അത് ദൗക്കും ബുരിതമാണല്ലോ പഞ്ചസാര മധുരമുണ്ട് എന്നത് അറിവാണ് പഞ്ചാര വായിലിട്ട് തിന്നലോ ദോക്കുവാൻ അറിയലും തോക്കും രണ്ടും രണ്ടാണല്ലോ കരണ്ട് തൊട്ടാ ഷോക്ക് അടിക്കും എല്ലാവർക്കും അറിയാം തീ തൊട്ടാ പൊള്ളൂന്ന് എല്ലാവർക്കും ഇൽമുണ്ട് എല്ലാവർക്കും അറിയുന്ന പക്ഷെ തൊട്ടിട്ട് ഷോക്ക് അറിയാൻ പറ്റുന്നതെന്നല്ലോ ഇതെന്താക്കും എൽമായിട്ട് മാറി പിന്നീട് തൗക്കാതലുണ്ട് ഒരു തർത്തീബ പറയുന്നു ആദ്യം എൽമ കൊണ്ട് അറിഞ്ഞിട്ട് പിന്നീട് തൗക്കാൽ ഉണ്ട് ആഫ്സഹൂമി ശരിയത്ത് ശരിയത്തുകൊണ്ട് ശരിക്കും അതുമതിപ്പിക്കുക ശരിയെത്തിരി മാത്രമല്ല വാബുമസി അവന്റെ സിതുക്കാണെങ്കിൽ നല്ലോണം അനിയമിച്ചു അങ്ങനെയുള്ള ആയേക്കാംന്ന് പറഞ്ഞത് അപ്പൊ എന്തെങ്കിലും ഇല്ല തരീക്കത്തിനൊരു ദുപ്പൂളി ഇല്ലാണ്ട് തന്നെ ചിലക്ക് നടക്കാം ശരീരത്തിന്റെ അതാപ് കൊണ്ട് മാത്രായി അതിന്റെ അപ്പുറം അഹസ്താണല്ലോ ഒരു തരീക്കത്തിന്റെ അതാപ് അതുകൊണ്ട് ഇയാളില്ല പക്ഷെ അതോടൊപ്പം സിതുക്കാണെങ്കിലും വളരെ അറിയുമാണ് കാരണം ഇൽമ് പറ്റുണ്ടാക്കാൻ ചിലപ്പോ ദോക്കായ്റ്റ മാറും ശരീരത്തിന്റെ അക്കാമ് നിൽക്കുമ്പോഴക്കാരെന്തായിരുന്നു ഇൽമായിരുന്നു ശരീരത്തിന്റെ അക്കാമുകൊണ്ട് കർശനമായിട്ടുണ്ടാക്കി ഇതിയാണ് നടത്തി അപ്പോൾ ചിലപ്പോ ദോക്കായിട്ട് വന്നേക്കാം തെരീക്കത്തില്ലെങ്കിലും عندكم فينه ياخذها علما وتصير ذوقا عاديه علما كام اللار طريقت الـ الـ دي பொடிச்சது ذوقாச்சி मारिएகம் எல்லാർக்கும் உண்டன்னேல പറയുന്നു कदிட்டட்ட வந்து ഒന്ന് 와 என நித்துலா ஹல் ஹாகிக்கத்தி கபல கமாலி தரீகத்தி தரீகத்து புர்தியானே முன்னால ஹாகிக்கத்துல இத்லாஹே தோதி பலோ தக்ஸீரフィル அமான் அமால் குர உபேச்ச்பிர்தாம் காரணமாயితీரும் கண கிட்டண்ட கிட்டிலே இندேலலவமேイクனதுன ஒரு தோமலுண்டாகு എന്നിട്ടോ നീക്കുന്ന നമുക്ക് കിട്ടാനുള്ള അങ്ങനെ കിട്ടി പേശങ്കല്ലേ എന്തിനാ നീക്കു ഇന്നൊരു തോന്നല് വരും അപ്പൊത്തുറപ്പിന് അപ്പോൾ അള്ളാറുവിന്റെ ഖിമത്തിലുള്ള ഒരു താച്ചവാദിക്കൽ ഒരു റെസ്റ്റ് എടുക്കലാണ് നീപ്പ് എന്തുകൊണ്ട ഹസേക്കത്തി എന്നുള്ളത് നല്ല മധുരമുള്ള ഹൽവയാകുന്നു കഥിയാ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ചോലായി പോകും وجوه الميل السريع تعسيريه من, يكيل من ولم يتشرع فقط تزندك ان الله لا اعوذ بالله السلام الملكاي pokok adu muksamam apa tarakindagula wali dalik yqil man tasam wafa walam yatasarri fa qatadanka endu vareyan karan samuf nalon kudi ti shariyatengod velichiryan fa qatadanka v zindika yimari endu mandu rendu endondeli tariyaten gathayikatte ani shariyati haqiqat shariyatengod khaliyaayi poyi വഹാദാ മാന ഖൗലിഹി ഇദാ누 മുസന്ദിഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വലം യുഹീദൂ അലൽ ഹാഖീഖะ ഇദലം യകുൻ മുസ്തൗഫിയത്ത തരീഖാ എന്ന് പറഞ്ഞു നടാ ഇദലം യകുൻ ഐ ഹൈഫ് ലം യകുൻ മുസ്തൗഫിയ ലിയഅമലി തരീഖത്തി തരീഖത്തിൽ പറയാപ്പെട്ട എല്ലാ ആമലുകളയും പൂർത്തിയാക്കുന്നതിനു മുൻപ് ഹഖീഖത്ത് തരനോടുകൂലാനാണ് പറഞ്ഞതും ലാകിൻ അഹാലൂഹു അലൽ അമാലി അമാലി മത്തൻ വനൽപി ചൊർതൻ നത്തു എന്ന് പറഞ്ഞു കാളിയാതാ വിടാനായിട്ടില്ല അവിടുത്തെ നിൽക്കുന്നു അതിനെ വള്ളി ഇവിടെ ആമാലുകൊണ്ട് ഉദ്ദേശിയായമാലാണോ ലാഹിറായ അയമാലാണോ ലാഹിറന്നെ അവിടെ പറയാനില്ലല്ലോ അവിടെ ലാക്കിലിട്ട് പറഞ്ഞത് വൻ മുറാതുദ്ദേശിക്കപ്പെടുന്ന ആമാലുണ്ട് ഉദ്ദേശം അല്ലാഹിർ തന്നെയാണ് അതറിയാലോ ويكون ذكرا واحيدا اذ اذكر واتذكر اذكر عيدكم ذكر واحيدا للولدي اكبر الذي اسم الله الا علم وسلطان الاسماء الله اسماء دي سلطان اسم الله العلامه قلنا المفردانه എന്ന് പറഞ്ഞത് அது ஹாதி தரீகۃ الشاذلية இதான ஷாழித தரீகۃின் பேச்சும் இஸ்ம் முஃரд وقلنا அதுல வரது அந்த காஸ் சாதாரண காറുണ്ട് வாதி என்னண்டாங்களோ இஸ்ம் முஃரд ൂറ്റിഅമ്പത്തി ഏഴാമത്തെ പേജിൽ വരുന്നുണ്ട് ലിന്നാദിമി ബൈറ്റി തന്നെ വരുന്നുണ്ട് അത്തം ബിഹുവാണി അതിന്റെ മേൽ ഉണർത്തുന്നത് നൂറ്റി അമ്പത്തി പേജിൽ വരും പിന്നെന്താ പറഞ്ഞേ വൈന്നഹാലു ലി അജലി മാഫിയാ വാലി എന്ന വർഗത് അമാലിമ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ അമാൻ ഒരുപാട് ഫായിത കിട്ടാനുണ്ട് അതാ ിൽ നിന്നുള്ള ഔകാര്യങ്ങൾ കിട്ടൽ അഹമാലിൽ കൂടിയാണ് ഇവിടെ അഹമാലിന്റെ അതാൾ കൊണ്ട് ഉദ്ദേശം ഏതാകുന്നു മറ്റേ സവാബല്ല കൂലി മങ്ങനല്ല കൽബിനുണ്ടാകുന്ന ഇസ്രാഹു സദറാകുന്ന ആ കൽബിന്റെ വിചാരണ ഇവിടെ ഉദ്ദേശിക്കും എന്റെ തവാഹത്തിൽ ഈ അസാഴ് കൊണ്ട് ഉദ്ദേശം അതിന് നത്തീജന്നിവിടെ ഉദ്ദേശിക്കുന്നത് നല്ലാണ്ട് ചെല്ലിയ കോരിവിട്ടോ ഇല്ലോന്നല്ലുല്ലൊരിക്കില്ലോ നത്തീജത്തുന്മ സമറത്തും തൊസ്സുഹോ ഏതൊരു ധിക്കറാവട്ടെ അതിനൊരു നത്തീജയും ഒരു സമരത്വമുണ്ട് അതിന് പ്രത്യേകം പ്രത്യേകമായിട്ട് ഏത് മറന്നു പിടിച്ചാലും അതിനുണ്ടല്ലോ അതിന്റേതായ ഒരു ഫായിദ എന്ന് പറഞ്ഞാൽ മതി കമാക്കറഹുബിനു ജീ في تبديره اند قوله تعالى فاذكروني يذكركم اند النبي اكانت المفر تفسير المفر تفسير المفر تفسير قال واسم الجلالة اسم الجلالة وهو الله ان اسم جامع لتلك التمرات كلها اللاذك انت تمراته ملول كل كلك انت سادل مان الله انك ديمت جامع الله سمع جان الله وفي بعض النسخ لي اجل ما تيه من المانالي من النوالك مغرم من الماناني الذي منال انو அர்த்தம் நைதுமாய்ப்திது தakir தakir उद्देशിക്കുന്ന எல்லா காரியங்களும் അതിലുള്ളണ്ട് வைதமன்ன குதிக்குன காரியங்களும் ذكரில் কোড নেടാൻ കഴിയும் என்னைய அர்த்தம் ثم ذكر الا لذ دقيمل عمل على ان تتحقق මොനാ મતവജി പദത്തിന്റെ വദീദേക്ക് മറകണം ഇദിതദീഖുൽ ഇൽമു ത്വമ്മൽ അമല ത്വമ്മ ഹിബാത്തുൻ തർതീബാക്കിയദു അല്ലേ അതന്നെ പറയുന്നു. തഖ്ദീമിൽ അമല അല ഇൽമി തഹഖീഖി ഫഖാല ഇദിതദീഖുൽ അമല ത്വമ്മൽ ഇൽമു ഇൽമു ത്വമ്മൽ അമല ഉനാ പറഞ്ഞത്. ത്വമ്മ ഹിബാത്തുൻ. ഹിബാത്തുൻ അർതുന്ന മവാഹിബുൽ അസ്റാഅ മവാഹിബുൽ അസ്റാഅണ്ട. അസ്റാഅ റഗ്ന മവാഹിബു നൊക്കണ്ടിര അവിടെ. അസ്റാഅ റഗ്ന മവാഹിബുൽ അസ്റാഉണ്ട് എങ്ങനെ അല്ലാഹുവിന്റെ ആസ്തിഫാത്തിനെ പറ്റിയുള്ള അറിവ്. കായിനാത്തിനെ പറ്റി അറിവ് ഒക്കെ കിട്ടാലോ കിട്ടാല്ലോ അള്ളാഹു സിഫാത്തിനെ പറ്റിയാ കൊടുക്കണ്ട അതിനെപ്പറ്റി അസ്രാർ എന്ന് പറയാൻ കാരണം അസ്രാർദാ അൻവാറു സിഫാത്തു സിഫാത്തിനെ പറ്റി അൻവാർ എന്ന് പറയും അസറാറോ പറ്റി എന്താ പറയാ അസറാർ എന്ന് പറയും വളരെ രഹസ്യമായ ഇരുവുമായിട്ടുണ്ട് പിന്നെ പിന്നെ രുചി നോക്കലെന്നുള്ളത് മാത്രം സുമൽ സുമോക്കുന്നവർ കണ്ടു സിഹി ലാഹിറൻ അവരി ലാഹിറായി കണ്ട് പറഞ്ഞോടത്തന്നെ സ്വീകരിക്കും നമ്മളെ കണ്ണൂര നമ്മളെ കൈയിലെടുത്തല്ലേ പറഞ്ഞോട് തന്നെ സ്വീകരിക്കുന്ന രംഗത്തെത്തുമ്പോ അത് ഇത് പറഞ്ഞിട്ട് കാര്യള്ളൂ അപ്പൊ അൽ കൌലി ഓനെ കൊണ്ട് ഇട്ടുകൊടുക്കണം മിൻ സിഫാത്തിൻ നഫ്സിൻ ഇന്ന് സിഫാത്തുകളുണ്ട് മാ കാന ഫിഹ കിൻ ലബുസി മാ ചിലതിട്ടുകൊടുക്കണം കാനായിരുന്നു ഫിഹ ആ സിഫാത്തുകളെ സംബന്ധിച്ച് കബുലത ഷെയ്ഖ് ഇട്ടുകൊടുക്കുന്നതിന് മിൻ ലബുസിൻ പല ഇത്തിവാസിലും ആയിരുന്നു ഒരു അവ്യക്തതയിലായിരുന്നു ഷെയ്ഖ് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് നിനക്ക് ഇന്ന് ഇന്ന ദുസ്വഭാവങ്ങളാ ഉള്ളത് അത് മാറ്റിയേ വെച്ചു എന്നാ പറഞ്ഞോട് ഞാൻ പതിവടി തുടങ്ങുന്നു ഇതാ അങ്കർത്തഹ നീ അതിന് ഇങ്കാറാക്കുന്നുണ്ടെങ്കിലും ഫൽ താരിഫ് എന്ന് അറിഞ്ഞോ നീ പരിചയാണെങ്കിൽ ഇത തൊണ്ണൂറ്റൊന്നു വക്കൈലന്നെ പോരാ അനാഗണം കൂടുതലും ഉണ്ടെന്ന് എല്ല ശുദ്ധം ഒരു അയല്ല എന്നല്ലേ നമുക്ക് തോന്നുന്നു തൊണ്ണൂറ് കെൽപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ഇതാണല്ലോ അങ്ങനെ വന്നിട്ട് എന്താക്കി ശരിക്കി ട്ട് കാണാക്കി അപ്പൊ നാഹിറായി ചെയ്യുന്ന അമലിൽ വളരെ ക്ലിയറാണ് ഏടിയും ബുദ്ധിടാനൊന്നും ഇല്ല ഒരു പോരായ്മ ഇല്ലാത്ത നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഹലാ അതിന്റെ ചിറനെയും ഹലാപത്തിനും രുചി നോക്കുകയും ചെയ്തു അപ്പൊ ഇൽമം നാർന്ന് അവിടെയും കണ്ടവലും ഉണർന്നുവരും ഇതുകൊണ്ട് ഇൽമം നാഹിരന്റെ ചിറും ഹലാപത്തും ആസ്വദിച്ചു എന്നല്ല നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അമലും നാഹിരന്റെ അലാപത്ത് കിട്ടിന്നാണ് അതെങ്ങനെ സലാത്ത്ന്റെയും സിലാമിന്റെയും റിസിലത്തിന്റെയും സ്വത്തിന്റെ എല്ലാം ഹലാത്ത് ഇവൻ ആസ്വദിച്ചു എന്നതാണ് ഇവിടെ മനസ്സിലായി അപ്പോ അവിടെന്താകണം അമൽ ആയിരുന്നു ഉണർന്നുവരുന്നു ഹത്താത്ത കൂനൽ അപ്പൊ അത് രുചിക്കലെങ്ങനെ ഹത്താത്ത കൂനൽ ത്വനെയും അഭികാമ്യമായി മാറുന്നു നേരത്തെ വെജലത്തോനിക്കുകയും വളരെ പ്രയാസമായിരുന്നു ഇപ്പൊ അഭികാമ്യമായിട്ട് മാറി സുൽത്താമൽ കലാമിനെ സുൽത്താണവന്റെ ഏറ്റവും അഭികാമ്യം ആയി കഥിൻസമാന്റെ ഇവന്റെ മാഞ്ചയിലെ മാംസത്തിലെ എല്ലാത്തിനങ്ങൾ കൂടിയങ്ങൾ തലർന്നു അതിന് ധിക്കുന്നിട്ട് ഒഴിവാക്കം ഉയർച്ച സാധിക്കൂല ആ രീതിയിലായി മാറി ണ്ടാവില്ലാകാം എന്ന് രണ്ട് വിചാരിച്ചാൽ തന്നെ സുഹൂ താഴാൻ കഴിയാത്ത രീതിയിൽ വന്നു അവര് കിടക്കുന്നു സുക്കൂത്താവാൻ വിചാരിച്ചാൽ സുഹൂത്താൻ കഴിയാത്ത രീതിയിൽ ധിക്കു അനെ സ്വാധീനിച്ചു ഫഹാതാ അരാമത്തു ഇത് കാക്കാമെന്ന് മാറി ഇതാണ് ബായുറായ ഹക്കാമിനെ ശരിക്കും ഇത്തക്കാനാക്കുക എന്നതിന്റെ വന എന്നിട്ട് സിഫാത്തുന് മെല്ലിനെ കടത്തിയിട്ട് ഇതൊക്കെയാണ് സിഫാത്തുന്സ് ഇതിൽ ഇന്ന് ഇന്നൊക്കെ നിനക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതാകുന്നു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരണം ഇന്നിട്ടുണ്ട് തഹലിയത്തോണ്ട് എന്താണ് തഹലിയത്തവ എന്തുകൊണ്ട് ആ കായി തുടങ്ങാൻ കാര്യവിടെ وصار قبوله لعلم الباطن ماهرا اما ما اتينا يا علمنا قبول شيء عليه وقت ماي كانن لدين اذن اجبصرت يلقي اليه من صفات نفسه او من نفس النفيات لنن اورتودكم اعدا القى اليه بصفات النفسين بيته بيته توت من شرحه എങ്ങനെ ഇവൻ അതുമായിട്ട് എന്തോട്ടാണോ ബന്ധം കൂടിക്കുഴങ്ങിട്ടുള്ളത് അത് ഉദാഹരണത്തിന് ഹബിൽ ഇവൻ ജാഹിനോട് വലിയ ഹബ്ബുണ്ട് അതാണ് ഇവന് പ്രകടമാവെന്ന് അപ്പൊ നീ ജാഹിനെ വല്ലാതെ ആഗ്രഹിക്കുന്നവളായി എനിക്ക് ബോധ്യപ്പെടുന്നു മാറ്റണം എന്ന് പറഞ്ഞുകൊടുക്കുക ഈ സാവലിനെ എനിക്ക് നേതൃത്വം പോണം ഔൽ ബിൽ മാരിയ ല മുരിന ഉദുള്ള റംബാന ഉള്ളതു എന്ന് അബബാന ഉള്ളതു അബിൽ കനക്ക ല പൂർദിയട് കർക്കും എന്ന് പറഞ്ഞാൽ അതിടക്കമില്ലാ ഈ മാഗ പൊട്ടി തെറിക്കുന്ന സംഭവം തീവ്രത എന്ന് അറിയ ഔ ഗൈരി ദാലിക മിൻഹു സഫുൻ നഫ്സി ലത്തി യതഅദുഹാ സുറാദ പർണാ തീർകാ സാദിയ മല്ലാ തദീദിറുള്ള ഔസാബുൻ നഫ്സൽ ദാറാലമുണ്ട് ഹത്താ കാല ബാദുഹും ചില മഹാന്മാരു പറഞ്ഞു ലിനഫ്സി മിനന ഖായിസി എത്രത്തോളം അള്ളാഹു താരാക്ക് എത്ര കമാലുണ്ടോ അത്ര കണ്ട് പോരായ്മ അത്ര എണ്ണം കണ്ട് പോരായ്മാദിമോ ബൈറ്റ് ഇവർ പറയുന്നു അന്നീതീന തൊണ്ണൂറിൽ കൂടും എന്നതാണ് പറഞ്ഞത് തൊണ്ണൂറ് കവിയും അപ്പൊനെ വായിച്ച കണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടങ്ങനെ പറയാം ഇതുകൊണ്ടില്ലേ പറഞ്ഞു ഒപ്പിച്ച് പറയലാണല്ലോ അപ്പൊ സുലമി പറഞ്ഞതിനെഹാരി കൊണ്ടുവരാം ഫൈലാ ഡമ്പ് കാണിക്കരുത് ഞാൻ പൊങ്കച്ചൻ കാട്ടരി സീനത്തെല്ലാം കൊണ്ടിട്ട് കിബുറും ചിലപ്പോ ഉള്ളിൽ വെച്ചിട്ട് ഫൈലാവ് പ്രകടമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എണ്ണിക്കോ എത്ര പേര് തൊണ്ണൂറെണ്ണം ഒപ്പം നോക്കാൻ കിബിർ ഋജിബ് ഫഹർ ഇനി ഓരോന്നിനും വ്യാഖ്യാനോട് വേറെ എല്ലാം ഒന്നല്ല ഹക്കീക്ക് തന്നെ മാത്രം എന്താണ് ലക്ഷണങ്ങൾ എന്താണെന്ന് ഋജിബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫഹർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോന്നിനും അതിൻ്റെ ആവിഥിയും പറയുന്നത് ഒന്നുമല്ല അവിടെ ഐഫായത് എന്നൽ മുലാമാർ മുലാമാർ ഐഫെന്ന് പറയുന്നതാണല്ലോ കിബിറ് റുജിബ് ഫസറ് ഫോയലാൽ ഇതിൽ നിന്ന് വേറെ ആളെ ചതിക്കാനുള്ളത് റഷ്യ മാഞ്ചേർക്കലി ബുറല് ബുറുപ്പ് ഹെറിസ് അമല് ഹെക്ക് പകച്ചി ഹസജ് ലജറ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബലാമസിബത്ത് വരുമ്പോ പുറതും അല്ല മറ്റേ അത് അത് ജസലേ ലജറന്ന് പറഞ്ഞ ബൈമനസ്യം ഹൈറായ കാര്യത്തിനുള്ള ഈ പിന്തു സ്വഭാവം ഉണ്ടല്ലോ അത് ഹാല ഹലെന്ന് പറഞ്ഞാൽ ഹലാൻ്റെ ണ്ടല്ലോ കണക്ക് അതിന് ആ പൊറുതി അപ്പറുള്ളത് മാത്രമല്ല മൈസീരി മാനിനോട് അത്യാഗ്രഹം ശിഷുക്ക് ഒന്ന് ഹെറിസ് മാനോടുള്ള ഹെറിസ് ഉള്ളതിൽ കൊടുക്കായില്ല എന്തായില്ലേ അതോടൊപ്പം ചെറുനത്തോട്ടുള്ള ഭയങ്കരമായ ബോർദികൾ ഇതെല്ലാം കൂടെ കൂട്ടാന്ന് പൊതുക്കൽ നിൽക്കാനും ഹലോ എന്ന് പറഞ്ഞ മൊത്തത്തിൽ ഒരു കഥ ചീറ്റല്ല ആ നജൂറുള്ളടയിൽ മസാ ഇബ് വന്നാൽ ശമിക്കാൻ തയ്യാറുണ്ടാവൂല അതാണ് ഇത് ഹലൈ പ്രമഹ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള പല കിട്ടാനുള്ള ബോതി ആ ജമേ ജമേത ആവശ്യമില്ലാത്ത എല്ലാം കെട്ടിപ്പൂട്ടി അട ശേഖരിച്ചു വെക്കും മന കൊടുക്കുകയില്ല എല്ലാം വാങ്ങിയൊക്കെ കൊടുക്കൂല ജുബിന് എന്ന് പറഞ്ഞാൽ അറിയാലക്കുറവ് പിന്നെ ജഹലി കസലി ബദാന്ന് പറഞ്ഞ വായ് ഹീത്ത എന്ന് പറഞ്ഞ തൊട്ടതിന് അടുത്തേന് തെറ്റിപ്പിരിയത് പണങ്കിലുണ്ടല്ല ഒന്നാമതും രണ്ടാമത്തേക്ക് തെറ്റിപ്പിരിഞ്ഞു പിന്നെ ഇസ്തിബാഹവ ഇസ്തിറു പറഞ്ഞ മറ്റുള്ളതെല്ലാം താണതായി കണക്കാക്കൽ ഇസ്തിഹിസ മറ്റുള്ളതിനെ പരിഹാസിക്കൽ തമന്നി എന്ന് പറഞ്ഞാൽ കിട്ടാത്ത സാധനം കൊതിക്കൽ െന്ന് പറഞ്ഞാൽ ഉന്നതിയെ പ്രകടമാക്കൽ ഹിദ്ധത്ത് എന്ന് പറഞ്ഞ അവരുടെ മൂർച്ച തീവ്രത എന്ന് പറയുന്നതാണ് സഫ എന്ന് പറഞ്ഞ പോയത്തപ്പണി പൈസ എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യതായി പ്രവർത്തിക്കൽ ബുദ്ധി ഇല്ലാതെ രണ്ട് എടുത്തുചാട്ടം എന്ന് പറയുന്നുണ്ടല്ലോ മിറാ എന്ന് പറഞ്ഞാൽ വേറാൾ തർക്കൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഹക്കി നൽകുക അങ്ങനെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു നുൽമ് അദാപത്ത് ശത്രുത മുനാഖാത്ത് എന്ന് പറഞ്ഞാൽ വേറൊരാളെ പറഞ്ഞതിനെ എതിർക്കാതെ വേറെ ആളെന്തായാലും ഇതിനെക്കെ വിമർശിക്കണെതിർക്കണം മഹാലലത്ത് തന്നെ വിനാദ് അതെ സത്യം ചെയ്താലും പിന്നെ മത്സരിച്ചിരിക്കുക പിന്നെ മുഹാലഭത്ത് മൊഹാലഭത്ത് വേറൊരാളെ ജയിക്കാനുള്ള ബോതി മുസാഹമ്മത്ത് അങ്ങനെ മുദാഹമ്മത്തിനെന്താണ്ടായാലും വേറെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ സീറ്റ് ഓണിക്കിട്ടുണ്ടെനിക്ക് കിട്ടണോ എങ്കിൽ തെക്കും തേക്കും ബസി ഖർമ്മനും കാണുന്നില്ല അവിടെ മുതാഹ്മത്ത പിന്നെ റൈബത്ത് ഇല്ലാത്ത പറയലി കലീബ് കളവ് പറയേ നമീമത്ത് തഹവീസ് എന്നതവി നോക്കണ്ട് തഹവീസ് എന്ന് പറഞ്ഞാൽ അൽസാദ് കൊണ്ടുപോയിട്ട് ചെന്നാഴം ആകെ പ്രസാദാക്കി കലക്കി പറലി കലക്കം പരിപാടിയില്ല സോ ഉൽ തന്നെ മൊഹാജറത്ത് എന്ന് പറഞ്ഞ മുസ്ലിം വടക്കായി നിൽക്കലി െന്ന് പറഞ്ഞ വളരെ ചീത്തജാല സ്വഭാവം എന്നാണ് ലോമിക്ക് പിന്നെ ഫതുറ് ഈ ചതിക്കാനുള്ള പ്ലാൻ ഒരിക്കലുണ്ടല്ലോ അപ്പൊ നമ്മളെ പറ്റിച്ചെന്ന് പറയേ ഹിയാനത്ത് ഫുജോറ് ശതത്ത് ഇരാഹൈരി പറണ്ണി ആ ഇരാഹൈര് ആളിക്കാതും ഇന്ത്യ എണ്ണിയ അച്ഛണ്ടാവൂല ഇത് ഓരോന്നും വാങ്ങണി ചിലപ്പോ അറുപത് എഴുപതും കൊല്ലം വരേണ്ടി വരും അല്ല കുറക്കിടകിൽ ഒച്ച അടിക്ക് പോയിന്നും വരൂ അല്ലെങ്കിൽ ഒറ്റ കുറുക്കിൽ തന്നെ എന്താന്ന് കൊല്ലങ്ങളോടെ കൊന്നോ ഒറ്റ കിബിറുകൾ നടന്ന് മാറ്റിയെടുക്കാൻ വന്ന് കൊല്ലങ്ങളോടെ ശ്രമിച്ചാൽ നടക്കണ്ടാവും കൊല്ലം നമ്മള മാനവത്തിന് സത്യം തിരിഞ്ഞാലും അവൻ പറഞ്ഞു ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറാന്ന് പറഞ്ഞപ്പോ എല്ലാം അറുപത്താറെന്ന് പറഞ്ഞ ജയിക്കണം തോന്നിട്ട് എന്തെല്ലാം തകുബീനുണ്ടാക്കി നോക്കി എന്തെങ്കിലും ആയാ എന്നിട്ട് പിമ്മിലിച്ച അരില്ലോ അമ്മ മൊരി അതുകൊണ്ട് മൊരി തന്നെ ആവശ്യമാണ് മാരി ഇതെല്ലാം അറിയണം ഈ പറയപ്പെട്ട ഇതിനെല്ലാം വിശദീകരണം അറിയണം ഈ പറഞ്ഞാൽ എന്താ മോഹത്താവിന് വേറൊരാളെ പേര് കച്ചവട്ടി ഉണ്ടാക്കി പറയണല്ലോ ഖദീബ വേറാളെ പേര് ഇല്ലാത്ത വ്യക്തിയെ വെച്ചു കേട്ടലാണല്ലോ ബുത്താനുണ്ടാവില്ല കട്ടു എന്നും കട്ടിട്ടില്ല കട്ടു എന്ന് പറയുന്നത് പ്രചരിപ്പിച്ചാൽ ബുത്താനായി അതോടൊപ്പം എല്ലാ ബുഹത്താനും കതിബാണ് കതിബെല്ലാം എന്താണെന്നില്ല ബുത്താനാണോന്നില്ല അതിനെ ഭാവി അറിയണം ഇന്നലെ അതിന്റെ സ്വഭാവം മാത്രമല്ല അതിന് പോരാ ഈ പുതുക്കെന്താണ് അത് എന്തായാലും എന്തായിരിക്കും ഇതിന് പ്രകടമാകൽ ഇന്ന് ഗവ മുജാന ബുഹ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം മാത്രമല്ല വിട്ടു നിന്നാലും പോരാല്ലോ അത് പകരം കൊണ്ടായിരുന്നല്ലോ അവിടെ അതാണ് അപ്പൊ വിട്ടു നിന്നാലെന്തെങ്കിലും തഹലിയത്തെ ആയിട്ടുള്ളൂ ഇതിനെക്കാളും മെച്ചമായ ഒന്നുകൊണ്ടെന്താക്കണം പകരമാക്കാൻ മുഴൽ ജിഹാദും പന്തിയൂ അവർ നോക്കാം അപ്പൊ പമല്ലം ഞാരി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ലം ഞാറൂറില്ല ഇല്ലാമി ഇല്ല അരിബാറ കാലം കഴിയും തോർന്നും ബേക്കോട്ടടിക്കലല്ലാതെ മുറന്നുണ്ടാവില്ല മിന്നിട്ടെങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ പോക്കലെല്ലാം ബേക്കോട്ടാന്ന് മാത്രം ഇവന്റെ വിചാരത്തിൽ ഇവരില്ല ഞാനെല്ലാം ഇരുന്ന് ശ്രമത്താക്കിക്കൊണ്ടാ ഞാൻ നീങ്ങുന്നില്ല തോന്നലുണ്ടാവില്ലേ അപ്പൊ രോഗം അങ്ങനെ മുർച്ചിച്ച് പോകുന്നുണ്ടാവും കടകി നൃത്തമാണോ ഏത് കയറി പുറത്തിട്ടുണ്ടാവും പക്ഷെ നല്ല വിറ്റാമിൻ തോന്നിട്ട് അടി കൂടി ഇനി പോകാൻ തോന്നി ചികിത്സിക്കാൻ നടക്കോ അത് രോഗം ഉണ്ട് എന്ന് അറിയണ്ടേ രോഗം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം രോഗം മാറണോന്നുള്ള ഇറാതസ് വേണം എന്നിട്ട് വേണം ഡോക്ടറെ കാണാൻ പോകാൻ എന്നിട്ട് വേണം മരന്ന് എന്നിട്ട് വേണം രോഗം മാറാൻ ആദ്യത്തെ രോഗം ഇല്ലാന്നു തോന്നിയാലോ അപ്പൊ പയ്യുമല്ലിബറു അപ്പൊ കിബറിനെ തവഹരാക്കണ്ട എന്തുകൊണ്ടാണ് ഈ ഉണ്ടായിരിക്കണം وَالْحِدَّةَ حِدَّةَ نَعْلِيَ أَتْهِي بَرَضًا نَوَرْسَوْتًا لَرَى هَلِلَمْ بَعَنَا بِتُوءٍ يَتْيَ اللَّهُ أَلَّا أَوَدْ عَشَمْ أَلَّا تِنُّلَّ اللَّهِ إن جاء بيجاء رمارينة كذبين براء نصيدقون ونمرقون إن وضعنا كما بالله توقف الباكي الله إن مُؤمن صليك ولين وَسَعَقَالَ الشَّيْخَ ذَرُّوكَ رَضي الله عنه وَ ബാദം പിത്തം കമം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളുടെ അടിസ്ഥാനം എന്താ ഈ ബാദം പിത്തങ്കമം മൂന്നെണ്ണത്തിൽ ഒരുക്കി എന്ന് പറഞ്ഞ മാതിരി ഒന്ന് അരിള തൊട്ട് തൃപ്തി തന്നെ അന്റെ നെഫ്സ് തന്നെയാണ് ഞമ്മക്ക് ആ ഒരു കോട്ടവില്ല നമ്മളെല്ലാം തേഞ്ഞാളും തന്നെ നമ്മളെല്ലാം പഠിച്ചാളും തന്നെ വേറെ ആ കുറവായ്മെല്ലാം മറ്റു വായിക്കാൻ എനിക്കൊന്നല്ല ഈ പറയുന്നതെന്ന് തോന്നലില്ല അരിള അനിന്ന പിന്നെ പടപ്പുകളെ പറ്റിയുള്ള പേടിയാണ് രല്ലാമത്തേത് ആ പണക്കുകൾ എന്താക്കും ഓറ് വിമർശിക്കുവോ ഓറെ ദ്രവ്യം കുറഞ്ഞവോ ഓരോ കിട്ടുന്ന കാര്യം പോയി പോകുമോ പണി രാജിവെച്ചു പോവോ ഈ ആറന്തു കുറയും ആറന്തു വിചാരിക്കും ഇതാണ് ഇതാണ് രണ്ട് പിന്നെ ചോറ് കിട്ടാണ്ട് പാട്ടിന്റെ അയ്യപ്പോകോന്നിന്റെ പണി കിട്ടണ്ടായി പോകുമോ ഏ മൂന്നെണ്ണമാണ് എല്ലാ മതമിന്റെ അടിത്തറ പിന്നെ അപ്പോ എത്ര വല്ലതും ഒന്നാമത്തതിൽ നിന്ന് ജനിച്ചുണ്ടാവും ഏത് അര നാലിൻ ലക്സിൽ നിന്ന് ആ സഹുബത്വൽ മാസിയത്ത് അല്ല അതിൽ നിന്ന് ഉണ്ടാക്കിക്കൊടുക്കും പിന്നെ മാസ്യത്തിന്റെ പട്ടികയിൽ രണ്ടാം അറ്റയില അതല്ല അറിഞ്ഞുണ്ടാവും വമിനസ്ഥാനി രണ്ടാമത്തേത് ഹൗഫുൽ ഹൽക്കല്ലേ അതിൽ നിന്നാണ് അൽബു വൽ ഹെക്കുതു വൽ ഹിത്തീരുന്നത് അതിന് അനന്തര പ്രവർത്തനങ്ങളും ومن الطالب اذا حمر رزق لين الحرس وطمع والبخل كذلك ذات الكوبيا ثم قال ان حمد زروك رضي الله عنه بايب நம்ம நாக்கி மூணு அஸ்லத்துக்கு மடக்கியல்ல لكن التزام اصل واحد ورச்ச அஸ்ல நோக்கு மிருது பிடிக்க எல்ல ஒன்னேக்கு மடக்கான் கறியுனா அதெങ്ങനെ யம் في جميعها மூணு வரத்தை நفي செய்ய வந்துนน அது ஏதா அது மிருதின انا النفس في جميع الاحوال ايه ايه ايه ايه ذرح على الله باته ان نفسنا ترتدي ليلة ناما نال نجريه وانحضروا منها عدوى لنفسنا ترتدي حذروا كاكانا حضرون ورئر لللاء كاكانا حضرون وانحضرون حضران في جم كل اللوقات قال في الهكم البرن لكونوا عصل كل معسيت وشهبت وغصلة عزلاء عن النفسين حكم النبارة طالب. എല്ലാ മഅസിയത്തിന്റെയും എല്ലാ സഹബത്തിന്റെയും എല്ലാ ഗഫലത്തിന്റെയും അടിസ്ഥാന മൊരടുട കടക്കുന്നു നഫ്സിയത്ത് ഉള്ളതിലില്ല എന്ന്ടാകുന്നൂ എന്നിട്ട് വാസു കുല്ലി താഅതിൻ്റെയും യഖലതിൻ്റെയും ഇഫ്ഫതിൻ അദമു ഹിലാ മിങ്ക അൻഹാ എന്നിനേര opposite എല്ലാ താഅതിൻ്റെയും എന്നിനേ മഅസിയത്തിനെ opposite ചെയ്യും യഖലതിൻ്റെ എന്നിനേ എന്നിൻ്റെ ഗഫലത്തിനെ opposite ചെയ്യും സഹബത്തിനെ opposite ആയതെ ഇഫ്ഫത്ത് അപ്പോൾ ദർസീമോ ആയിട്ടുണ്ട് അപ്പറതല്ല പറഞ്ഞു മാസിയത്ത് ശനതത്ത് അപ്പുതത്ത് എന്ന് പറഞ്ഞ ലോപ്പത്തിന്റെ പറയേണ്ടത് അങ്ങനെ പറഞ്ഞത് ആ അത് മുതൽ തൊട്ട് ഇള ഇല്ലായ്മയാകുന്നു എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു നഫ്സിനത്തോട്ട് പൊരുത്തപ്പെടാതിരിക്കുക എന്നിട്ടെന്ത് പറഞ്ഞു വല അന്തസം നഫ്സിഹീൻ നഫ്സിക്കാന്നുള്ളത് ആ നഫ്സിഹീന വേണ്ടിക്കാ നൈപ്പര്യം ആ ൻ ഒരു ജാഹിലിനോട് നീ തൊട്ട് നല്ല പുരുഷത്തോടെ ജീവിക്കുന്ന മൂലർക്ക ഓന്റെ നഫ്സിനെ തൊട്ട് അവന്റെ തീരെ പൊരുത്തമില്ലാത്ത എത്രയോ ജാഹിര്യങ്ങളുണ്ട് നമ്മൾ നിന്നും കൊള്ളൂല്ല നമ്മൾ പാവപ്പെട്ടവരാണ് നമ്മൾ ഗ്രന്ഥിനു മതി നമ്മൾ എല്ലാ കുറ്റക്കാരനുള്ളിങ്ങനെ ആ പോത്തോടെ ജീവിക്കുന്ന ജാഹിലുണ്ട് ഓനോടൊപ്പം കൂട്ടുകെട്ടലാണ് ഹൈറോൻ അത് ഏറ്റവും ഹൈറാണ് കൂടുന്നതിനാ കാണാൻ ആലിമിന്നാണ് അവിടെ മോലാർക്കാവുന്ന അർത്ഥം ശരിയായ ആലിമിന്നി ചൂടല്ല എന്നിട്ട് മുമ്പ് ചോദിക്കുന്നു ആലിമിറ അൻ്സിഹി നർസിംഗത്തിൽ ഇതാ പ്രകടിപ്പിക്കുന്ന ഒരു മോലാർക്കാർക്ക് എന്ത് ഇൽമാടോ ഉള്ളത് അവർക്ക് ഇൽമുണ്ടായിട്ട് എന്താ കാര്യം വായു ജഹലിൽ ജാഹിലില്ല എർല അൻ്സിഹി നർസിംഗത്തൊട്ട് പൊരുത്തപ്പെടാത്ത ഒരു ജാഹിലിന് എന്താ എവിടെ ജഹൽ ഉള്ളത് ജഹലുണ്ടെന്നുണ്ടായി എന്നുവെച്ചാ ഒന്നുമില്ല മറ്റൊന്നും ഇൽമുണ്ട് ഫലം ചെയ്തിട്ടില്ല പിന്നെ ജഹ്ലോട്ട് ലഹർവുണ്ടായിട്ടില്ല കിട്ടേണ്ടത് അതാണല്ലോ തെവീലും അടക്കുന്നുണ്ട് അമലില്ല സങ്കല്പിച്ചു കൊടുത്താൽ മതി എന്നാണ് ഇങ്ങനെ അമല ഇൽമി ലാഹിരി എന്നാക്കി കഴിഞ്ഞാ പിന്നെ പ്രശ്നം തോന്നുന്നുല്ലോ ഏ ഇത് ഖാൻ എന്നുള്ളത് ഇന്ന മാഹുലില്ല അമൽ അമൽ ആണ് നേതാ പറഞ്ഞത് ഇത് എന്നുള്ള ഇടത്തേക്ക് മടങ്ങുന്നത് അമലിലേക്കാണ് അപ്പോ ഇത് ഹു അല്ലേ അമർ ഹോബിഹിത്തുഖാനുൽ അമലാണ് കൽപ്പിക്കപ്പെട്ടതും ഗുറു ആചരിച്ച് പഠിച്ചു നോക്കണമെന്നല്ല വഹിയ ആ ഇത് ഖാനൽ അമലാണ് ഫായിദബത്ത് സ്വഹബത്തുകൊണ്ട് കിട്ടേണ്ട ഫായിദയും അതാണ് കമാക്കിത്തി കിട്ടുന്ന ഫാദലി പറഞ്ഞിട്ടുണ്ട് ഇത്തുക്കാലം അമലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പേരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അസൈകത്ത് വിട്ടാണെങ്കിൽ എന്നാ പറഞ്ഞത് അതിന്റെ രീതി നിങ്ങൾ പാടത്തെ ജറ റുഹ അങ്ങനെ അവർക്ക് കുടിപ്പിച്ചു അക്കു അവർ അക്കു സൽമനോൻ മരണമാകുന്ന കൊറേ കലസുകൾ എന്താക്കി കുടിപ്പിച്ചു തന്നെ അതിന് കുടിക്കാൻ മടിയുണ്ട് പക്ഷെ എന്നാളം കുടിപ്പിക്കന്നെ ബായില്ല തുറന്ന് വെയിലിനെ കാണി ഫോണിന്റെ ബാലട്ടിട്ട് ബായി തുറക്കൽ എന്ന് പറയുന്നു കുടിപ്പിക്കന്നെ ആ മേടിപ്പിക്കാൻ മടി എന്തല്ലോ കുടിപ്പിക്കല് പറഞ്ഞ മാതിരിന്ന് പറഞ്ഞില്ലേ ان انا نفس انا بقوله ما بكني لا انا انك فهمت تحملت ما الموطئ يسر ربع عليه دي بنروح نقوله